ൈവവചനങ്ങൾക്കായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേക നമ്മുടെ രാജ്യം കടന്നു പോകുന്ന പ്രത്യേകമായ കാലയളവിൻ്റെ നടുവിൽ പ്രത്യേക ഈ സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലൊക്കെ നമുക്ക് എത്ര നാൾ മുമ്പോട്ട് പോകാമെന്ന് അറിയാമല്ലാത്തൊരു പ്രത്യേക പരിസ്ഥിതി മുമ്പിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിച്ചല്ലോ കാലാളുകളോട് ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ നമ്മൾ കുതിരപ്പടയോടുകൂടി എങ്ങനെ ഓടും നമുക്കിന്നുള്ള ചെറിയ ചെറിയ നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിൽ നമുക്കതിനെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ നേരിടാനായിട്ട് അതിനെ അതിജീവിക്കാനായിട്ട് ഓവർകം ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്നതായ വലിയ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയും നമ്മളെ ചിന്തിപ്പിച്ച ദിവ്യവചനങ്ങൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ എടുക്കേണ്ട പ്രതിരോധ നടപടികൾ അല്ലെ നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെയൊക്കെ ദൈവം നമ്മളോട് കേൾപ്പിച്ചു കൊണ്ടിരുന്നല്ലോ അതിനോടുള്ള ബന്ധത്തിലെ ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചു കൊള്ളട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങൾ നിങ്ങളാർക്കെങ്കിലും ഒഴുകുകയോ മേയിക്കുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷീണത്തിൽ വന്ന് ഊണി നിരിക്കുക എന്ന് അവനോട് പറയുമോ അല്ല എനിക്ക് അത്താഴം ഒരുക്കുക ഞാൻ തിന്നുകൊടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക പിന്നെ നീയും തിന്നുകൊടിച്ച് കൊള്ളുക എന്ന് പറയലോ തന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ചെയ്തുകൊണ്ട് അവന് നന്ദി പറയുമോ അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ും കർത്താവ് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ആത്മീയ ജീവിതം നമ്മളെ കേൾപ്പിച്ചതിനൊത്തവാണ് മുറിവേൽക്കാത്ത ഒരു ജീവിതം മുറിവ് ഏൽക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ സ്വയ ജീവൻ നശിക്കണം മുറിവേൽക്കുന്ന അവിടെയാണ് നമ്മൾ നമ്മൾ തന്നെ മരിച്ചവനാണെങ്കിൽ നമുക്ക് ഒരു ഡെഡ് ബോഡിക്ക് ഒരിക്കലും ഒരു മുറിവ് ഏക്കുകയില്ല മുറിവ് ഏറ്റാലും അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡിയെ എന്തെല്ലാം ചെയ്താലും അതിനൊരു മുറിവേൽക്കുകയില്ല എന്ന് പറഞ്ഞ നമ്മുടെ സ്വയ ജീവൻ മരിച്ചാൽ നമുക്കൊരു മുറിവ് ഏൽക്കത്തില്ല ഏതൊരു ഏതൊക്കെ പ്രതിസന്ധികളാണെങ്കിലും എന്തൊക്കെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളെ അത് ബാധിക്കത്തില്ല ഒരു മുറിവ് നമുക്ക് അതു മൂലഏൽക്കാൻ മുറിവേറ്റാലും അത് നമ്മളെ ബാധിക്കില്ല ആ ഒരു ആത്മീയ അനുഭവം നമ്മുടെ ഈ സമാധാന നമുക്ക് ആവശ്യമാണ് നമ്മളത് ജീവിതത്തിൽ പരിശീലിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് വേദനപ്പെടുന്ന വാക്കുകളോ നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളോ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോഴും നമ്മൾ ക്രിസ്തുവിൽ മരിച്ചവരാണെങ്കിൽ നമ്മളെ അത് ആ നിലയിൽ നമ്മളെ തന്നെ നമ്മൾ എണ്ണുകയാണെങ്കിൽ അത് നമുക്ക് ഒരു മുറിവുണ്ടാക്കാൻ മതിയായതാ അതുപോലെ ബ്രദറ് ഓർപ്പിച്ച കാര്യം നമ്മൾ നന്ദിയുള്ളവരായിരിക്കും നമുക്ക് ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് കുറിച്ച് നന്ദി എപ്പോഴും ഉണ്ടായിരിക്കണം ദൈവത്തോട് നന്ദിയുള്ള പോലെ തന്നെ മറ്റു ഉള്ളവരോടും അവരിൽ ഒത്തിരി നന്മകളുള്ളത് അല്ലെ അവരിൽ ഉള്ള നന്മകളെ ഓർത്ത് നമ്മൾ അതിനകത്ത് നന്ദിയുള്ളവരായിരിക്കണം അതുപോലെ ക്രമീകൃതമായൊരു ജീവിതം നമുക്ക് വരാൻ പോകുന്ന വലിയ പ്രതിസന്ധികളെ നേരിടണമെങ്കിൽ ഇപ്പോഴേ നമ്മുടെ അല്ലെ ക്രമമില്ലാത്ത ഒരു ജീവിതം നമ്മുടെ ഭൗതിക ജീവിതമായിക്കോട്ടെ പണപരമായ കാര്യങ്ങളായിക്കോട്ടെ അത് ചിലപ്പോൾ ക്രമംഘട്ട അവസ്ഥയിൽ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ടുവന്നാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ വാഞ്ചയും ആഗ്രഹവും പ്രാർത്ഥനയും എത്രയും പെട്ടെന്ന് കാര്യങ്ങളെ ക്രമീകരിക്കണം കുറ്റ മറ്റൊരു മനസാക്ഷി കീപ്പ് ചെയ്യാനുള്ളതായ വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹവും പ്രാർത്ഥനയും ആയിരിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ജീവിതത്തിൻ്റെ പ്രായോഗിക അനുഭവങ്ങളെ നേരിടുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ക്രമക്കേടുകളെ വരാം ക്രമക്കേടുകൾ വരാതെ ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയയില്ല എന്നാൽ അതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ പിന്നിലെ കാര്യവും അത് അങ്ങ് പൊക്കോട്ടെ എന്ന് വെക്കുന്ന ഒരു അനുഭവമാകാതെ എത്രയും പെട്ടെന്ന് അതിനെ ക്രമീകരിക്കാൻ നമുക്ക് താല്പര്യോത്സാഹമുള്ളവരായിരിക്കും അതുപോലെ എപ്പോഴും സന്തോഷിക്കുന്ന അനുഭവത്തെക്കുറിച്ച് നമ്മൾ കേട്ടു ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യങ്ങളിലും നമ്മൾ കേട്ടതുപോലെ നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ സമാധാനം വാണാൽ മാത്രമേ നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കാൻ നോക്കുകയുള്ളൂ കൃത്രിമമായിട്ട് നമുക്ക് സന്തോഷം കാണിച്ച് പോകാനായിട്ട് കഴിയുകയില്ല യഥാർത്ഥമായിട്ട് കർത്താവിൻ്റെ സമാധാനം സകലബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാലേ നമുക്ക് സന്തോഷമായിട്ടിരിക്കാനായിട്ട് കഴിയും ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് ആ സമാധാനം നമ്മുടെ ഉള്ളിൽ വാഴുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലും സന്തോഷമായിട്ടിരിക്കാനായിട്ട് കഴിയും അപ്പോൾ കർത്താവ് വലിയ ക്രൂശീകരണത്തെ നേരിടാൻ പോകുന്നതിന് മുമ്പ് ഈ തോട്ടത്തിൽ താൻ വളരെ പ്രാർത്ഥനയിൽ ആയിരുന്നു ശിഷ്യന്മാരും തന്നോടു കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ തൻ്റെ ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു കർത്താവ് പ്രാർത്ഥി അവരോട് പറഞ്ഞു നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ അപ്പോൾ അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയെ നേരിടാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് വളരെ ആവശ്യമായൊരു കാര്യമാണ് ഉണർന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ പരീക്ഷയിലകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമുണ്ട് അവർ പിന്നെയും ഉറങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു ഇനിയും ഉറങ്ങി ആശ്വസിച്ച് കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയം കഴിഞ്ഞു എന്നാണ് അതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം കർത്താവിനെ പിടിച്ചു അറസ്റ്റ് ചെയ്തു കൂടെ കൊണ്ടുപോയപ്പം ഈ ഉറങ്ങിയ ബത്രോസ് അവിടെ വെച്ച് ഇക്കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ തനിക്ക് ജഡത്തിൽ കർത്താവിനോട് വളരെ സ്നേഹമുണ്ട് നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞ ബത്രോസ് ഒരു കേവലൊരു ബാല്യക്കാലത്തിൻ്റെ മുമ്പിൽ രണ്ട് വട്ടം കോഴി പോകുന്നതിന് മുമ്പ് മൂന്ന് വട്ടം തള്ളിപ്പറയാനിടയായി അപ്പോഴങ്ങനൊരു ഝടത്തിലാണ് നമ്മളും വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ആ ഒരു കാര്യത്തിൽ ജാഗ്രതയുണ്ടെങ്കിൽ നമുക്കും നമുക്കെത്ര കർത്താവിനോട് സ്നേഹമുണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും ഫലത്തിൽ നിൽക്കാൻ കുതിര കുതിരപ്പണയോടുകൂടി ഓടണമെങ്കിൽ നമുക്ക് ഇപ്പോഴേ ആ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ആ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് നിശ്ചയമായിട്ടും പത്രോസന് പിന്നത്തേതിൽ ആദ്യമൊന്നും വീഴ്ച സംഭവിച്ചെങ്കിലും പിന്നത്തേതിൽ താൻ ആ കാര്യത്തിൽ വിജയിച്ചതായിട്ടും നമ്മൾ കാണും കർത്താവിന് വേണ്ടി ആ നിലയിൽ കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ തികഞ്ഞവനായിത്തീരാൻ പത്രോസനും പിന്നത്തേതിൽ യോഗ്യത പ്രാപിക്കാനിടയായിത്തീർന്നു ഒരു പ്രാവശ്യം തോറ്റെങ്കിലും അടുത്ത സെപ്റ്റംബർ എഴുതി പാസ്സായെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമുക്ക് വസ് ചാൻസലർ പാസ്സാകാനായിട്ട് നമുക്കൊരുങ്ങാം കേൾക്കാം വചനങ്ങളെല്ലാം തെയ്യോ നമുക്ക് ഉപകാരമായിട്ട് തീരട്ടെ അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് ഒരു ദാസന് ഒരു യജമാനും ദാസനും തമ്മിലുള്ളതായ ബന്ധത്തെക്കുറിച്ചാണ് വയലിൽ ഒഴുകുകയോ മേയ്ക്കുകയോ ചെയ്യുന്നൊരു ദാസനുണ്ടെങ്കിൽ അവൻ വയലിൽ പോയി നല്ലതായിട്ട് കഷ്ടപ്പെട്ട് വൈകുന്നേരം വരുമ്പോൾ അവൻ പ്രതീക്ഷിക്കുന്ന ലോകപ്രകാരം പ്രതീക്ഷിക്കുന്ന കാര്യം യജമാനവിടെ വളരെ സുഖമായിട്ടിരിക്കുകയാണ് ഞാനീ രാവിലെ മുതൽ ഉച്ചവരെ അല്ലെ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് പണിത് കഴിയുമ്പോൾ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അവൻ പ്രതീക്ഷിക്കേണ്ട കാര്യം യജമാനിനോട് വെറുതെ ഇരിക്കുകയായിരുന്നു വന്ന എനിക്ക് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തന്നു ഫുഡും ഒക്കെ തന്ന് എന്നെ വേണ്ട പോലെ കരുതണമെന്നാണ് മാനുഷികമായിട്ട് നമ്മുടെ ചിന്ത വരുന്നത് എന്നാൽ യജമാനൻ്റെ മനോഭാവം അവിടെ അങ്ങനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനോഭാവമാണ് ഇവിടെ നമ്മളെ ഈ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നത് അവൾ വന്നു കഴിയുമ്പോൾ വന്ന് എന്നെ എന്തോ ചെയ്യുക പിന്നെയും ശുശ്രൂഷിച്ച് അരകെട്ടി എനിക്ക് ഭക്ഷണമൊക്കെ തന്നിട്ട് അതിനുശേഷം നീ കഴിച്ചുകൊഴുക തൃപ്തനായിക്കൊഴുക അപ്പോൾ ഒരു കർത്താവിൻ്റെ ശിഷ്യൻ്റെ മനോഭാവം നമ്മൾ ഈ ചെയ്യുന്ന ഒന്നും കർത്താവിന് വേണ്ടിയല്ല ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ ചെയ്യേണ്ടതേ ചെയ്യുന്നുള്ളൂ അല്ലാതെ നമ്മൾ കർത്താവിന് വേണ്ടി ഒരു വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കർത്താവിന് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ആ ഒരു മനോഭാവത്തോടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളേ ചെയ്യുന്നുള്ളൂ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യാതിരുന്നതിനെ കുറിച്ചുള്ള ഒരു ദുഃഖം മാത്രം നമ്മളെ ഭരിച്ചാൽ മതി അല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതായൊരു മനോഭാവത്തോടെ ദൈവമുമ്പാകെ നിൽക്കാനും ദൈവം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല അതിനുശേഷം നമുക്ക് ദൈവം എല്ലാ സന്തോഷവും ഈ ഭൂമിയിലും ദൈവം തരാൻ വിശ്വസ്തനാണ് എന്നാൽ നമ്മൾ കർത്താവിന് വേണ്ടി എന്തേലും ചെയ്തു എന്നുള്ള നമ്മുടെ ക്ലെയിമിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ നമ്മൾ ഒരു ദൈവ കർത്താവിൻ്റെ ശിഷ്യനായ നിമിത്തം നമ്മൾ കർത്താവിന് വേണ്ടി എന്തോ ചെയ്തു നമുക്ക് ഉള്ളിലൊരു ചിന്തയുടെ ആവശ്യമില്ല നമ്മൾ ഈ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു അത്രയും മാത്രമേ നമുക്കുള്ള കാര്യങ്ങളുള്ളൂ നമ്മൾ അതിൽ തന്നെ നമുക്കൊത്തിരി പോരായ്മകളാണ് നമുക്ക് കാണാനുള്ളത് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യാഞ്ഞതിലുള്ള പോരായ്മ ആ ഒരു മനസ്സോടെ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ നന്ദിയുള്ളവരായി നിൽക്കാൻ മുറിവേൽക്കാത്തവരായിട്ട് നിൽക്കാൻ പരിഭവം ആവലാതിയോ ഇല്ലാതെ നിൽക്കുവാൻ സന്തോഷത്തോടെ നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ വചനങ്ങളെ ദൈവം നമ്മളെ